മുസാ അലഹിസ്സലാം ഒരേയൊരു ഭക്ഷണം കൊണ്ട് ഞങ്ങൾക്ക് ക്ഷമയോടെയിരിക്കാൻ കഴിയില്ല അതിനാൽ ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന ശാഗങ്ങൾ വെള്ളരിക്ക വെളുത്തുള്ളി പരിപ്പ് ഉള്ളി എന്നിവ ഞങ്ങൾക്ക് നൽകിത്തരാൻ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭമോർക്കുക അദ്ദേഹം പറഞ്ഞു ഏറ്റവും ഉത്തമമായ ഒന്നിനു പകരം താഴ്ന്ന ഒന്നിനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഇറങ്ങുക നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ അവർക്ക് അപമാനവും ദാരിദ്ര്യവും വന്നു ചേരുകയും അള്ളാഹു സുബഹാനഹൂത്താലയുടെ കോപത്തിനവർ ഇരയാവുകയും ചെയ്തു അള്ളാഹുസ്ബാനവു തയാലയുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചതിനാലും പ്രവാചകന്മാരെ അന്യായമായി കൊന്നൊടുക്കിയതിനാലുമായിരുന്നു അത് അവർ അനുസരണക്കേട് കാണിക്കുകയും അതിരിവിട്ട പെരുമാറുകയും ചെയ്തതിനാലാണ് അത് സംഭവിച്ചത്